ം നൂറ്റി നാൽപ്പത്തി ഒന്ന് ദാവീദിന്റെ ഒരു സങ്കീർത്തനം യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അടുക്കലേക്ക് വേഗം വരേണമേ ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കേണമേ എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ യഹോവി എന്റെ വായിക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കേണമേ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളിൽ ഇടപെടുവാൻ എന്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിന് ചായ്ക്കരുതേ അവരുടെ സ്വാദുഭോജനം ഞാൻ കഴിക്കുകയുമരുതേ നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ ഇനി അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ അവരുടെ ന്യായാധിപന്മാരെ പാറമേൽ നിന്ന് തള്ളിയിടും എന്റെ വാക്കുകൾ ഇമ്പമുള്ളവയാകയാൽ അവർ അവയെ കേൾക്കും നിലം ഉഴുതുമറിച്ചിട്ടിരിക്കുന്നതുപോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിന്റെ വാതുക്കൾ ചിതറിക്കിടക്കുന്നു കർത്താവായി ഹോവി എന്റെ കണ്ണ് നിങ്കലേക്കാകുന്നു ഞാൻ നിന്നെ ശരണമാക്കുന്നു എന്റെ പ്രാണനെ തൂകിക്കളയരുതേ അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കേണമേ ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്ക് ദുഷ്ടന്മാർ സ്വന്തവലകളിൽ അകപ്പെടട്ടെ